ഒരു പ്രയോജനം ഉണ്ടാവില്ല യാതൊരു വിധത്തിലും ഇവിടുന്ന് യാതൊന്നും കൊണ്ടുപോകാൻ സാധ്യമല്ല ഇത് നമുക്കൊക്കെ അറിയണ പരമാർത്ഥമാണ് എന്നാലും തൃപ്തി വരാത്ത അതിൽ ബുദ്ധി വയ്ക്കുന്നത് എന്തായി നമ്മളുടെ ഭക്തിയൊക്കെ ഹിപ്പോക്രസിയായിട്ട് മാറി നമ്മളുടെ അധ്യാത്മ ജീവിതം മിഥ്യാചാരമായിട്ട് എല്ലാത്തിൻ്റെയും അവസാനം ധനത്തിൽ വന്ന് നിൽക്കുമ്പോ ധനത്തിനെ ആശ്രയിച്ചുകൊണ്ടാകുമ്പോ ധനത്തിന് ഉപയോഗിക്കുന്നത് തെറ്റല്ല ധനം ഉപയോഗിക്കാനുള്ളതാണ് നല്ലവണ്ണം മനസ്സിലാക്കിക്കൊള്ളണം ഇവിടെ മൈക്ക് വേണമെങ്കിൽ ധനമില്ലാതെ പറ്റില്ല ഓരോരുത്തരും വരണമെങ്കിൽ ധനമില്ലാതെ പറ്റില്ല ഇവിടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ധനമില്ലാതെ പറ്റില്ല പക്ഷേ അതിന് പ്രാമുഖ്യം കൊടുക്കാൻ പാടില്ല പ്രാമുഖ്യം അതിന് കൊടുക്കാൻ പാടില്ല അതിനുവേണ്ടിയാണ് ഇതൊക്കെ ആയാൽ പിന്നെ ഒക്കെ കുഴപ്പമായി പോകും ധനത്തിനെ വെച്ചുകൊണ്ട് ഉള്ള ബന്ധം വേണ്ട പക്ഷെ ധനം വേണം എങ്ങനെയുള്ള ധനം അതാണ് ആചാര്യസ്വാമികൾ അടുത്ത പാദത്തിൽ പറയുന്നത് നിജ കർമ്മോ പാത്രം വിത്തം തേന വിനോദയ ചിത്തം ധാരാളം ലൈസൻസ് തോന്നും നീട്ടി തോന്നും എല്ലാവരും സന്യാസികളല്ലോ എല്ലാരും പരമവിദഗ്ധന്മാരല്ലല്ലോ അല്പം നീട്ടിതെ തന്നെ പറഞ്ഞു വിനോദയ ചിത്തം നിജകർമ്മോപാത്തം പ്രാരബ്ധത്തിനുസരിച്ച് അല്ലെങ്കിൽ സ്വയം ചെയ്യുന്ന സാധാരണ ഒരു ട്രാൻസ്ലേഷൻ കൊടുത്താൽ നിങ്ങൾ പണി ചെയ്ത് കിട്ടുന്ന പണം എന്ന് വെച്ചോളാം എന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ട് കിട്ടുന്ന പണം വേറെ ഒരു അർത്ഥം ഇവിടെ സ്വയംപ്രകാശസ്വാമി പറയുന്ന അർത്ഥം പ്രാരബ്ധത്തിനനുസരിച്ച് നിങ്ങൾക്ക് എതിർച്ചയാ വരുന്നു അത് സ്വീകരിക്കാതെ നിജകർമ്മോപാത്രം നിജകർമ്മത്തിന് പൂർവകർമ്മത്തിന് അനുസരിച്ച് കിട്ടുന്ന ധനം അതുകൊണ്ട് വിനോദയച്ചിത്തം നമുക്ക് കിട്ടുന്ന ധനമൊക്കെ അങ്ങനെയാണ് പൂർവ പ്രാരബ്ധത്തിനനുസരിച്ച് കിട്ടുന്നു പ്രാരബ്ധത്തിനനുസരിച്ച് തന്നെ പോവുകയും ചെയ്യുന്നു എങ്ങനെ വന്നു ഓ അതേപോലെ പോകും എല്ലഭസേ നിജ കർമ്മോപാത്തം വിത്തം തേനെ വിനോദയച്ചിത്തം അതുകൊണ്ട് സന്തോഷിച്ചുകൂടാന്നാണ് വിഹരിച്ചുകൂടാ രസിച്ചുകൂടാ ലോകത്തിലെ ഗൃഹസ്ഥന്മാരുടെ ജീവിതത്തിൽ എന്തൊക്കെ സൗഖ്യം വേണോ എല്ലാം ആവട്ടെ പക്ഷെ ധർമ്മത്തിന്റെ ഒരു കോമ്പൗണ്ട് വാളുടെ ഉള്ളിലാണെങ്കിൽ ഒരു വപ്രവളയത്തിന്റെ ഉള്ളിലാണെങ്കിൽ കാര്യം നടക്കും ധർമ്മത്തിന്റെ ഒരു വട്ടത്തിന്റെ ഉള്ളിലാണെങ്കിൽ ഇതൊന്നും ദൂഷ്യമാവില്ല നമുക്ക് ഉണ്ണണം ബേസിക്കായിട്ട് സുഖമായിട്ടുണ്ണണം ബുദ്ധിയുള്ള മനുഷ്യൻ നമ്മൾ ചിലപ്പോ കളിയാക്കും ആളുകളെ ഉണ്ണുകയോ ഉറങ്ങുകയേ ഉള്ളൂ എന്ന് പറയും പക്ഷേ അത് ബുദ്ധിയുള്ള മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യന്റെ ലക്ഷണമാണ് അതെങ്കിലും വേണം ഇപ്പൊ ആളുകൾക്ക് അതിനും സമയമില്ല ഉണ്ണമില്ല ഉറങ്ങണമില്ല ഇത് രണ്ടും ഇല്ലെങ്കിൽ വേറെ ഒന്നും നടക്കില്ല ബ്രാഹ്മണാഹ ഭോജനപ്രിയാഹ എന്ന് പറയുന്നു ഇതിന് ആളുകൾ കഷ്ടപ്പെട്ടൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട് ബ്രാഹ്മണാഹ ഭോ ജനപ്രിയാഹ എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നു അങ്ങനെ എന്തും വേണ്ട ബ്രാഹ്മണൻ ഭോജനപ്രിയനാണ് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ബ്രാഹ്മണന് ഭോജനത്തോടെ തൃപ്തിയായി അതാണ് ബ്രാഹ്മണ ലക്ഷണം ഏനക്കേന ചിത് ആക്ഷന്ന ഏനക്കേന ചിലത് ആശിതഹ എത്ര ക്വചന സായി സാത്തം ദേവാഹ വിദുഹു എന്തെങ്കിലും എവിടെന്നെങ്കിലും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ വേറെന്നറിഞ്ഞാൽ സുഖമായിട്ട് തലയ്ക്ക് കൈവെച്ച് കിടന്നു സുഖമായിട്ട് ഉറങ്ങും അത് മറ്റുള്ളവർക്ക് പറ്റില്ല എന്നാണ് അല്പം വേറെ ശരീരമുള്ളത്തോടെ ആർക്കാ ഭോജനം വേണ്ടാത്തത് ആർക്ക് വേണ്ട ആർക്ക് ആഹാരം വേണ്ട എല്ലാവർക്കും അന്നം വേണ്ട അല്ലെ അതുകൊണ്ട് അന്നത്തിനെ തൈത്രിയോപനിഷത്തെടുത്തു ഒന്ന് പഠിച്ചു നോക്കുക അന്നത്തിന് എത്ര കണ്ട് വൈശിഷ്ട്യം കൊടുത്തിരിക്കുന്നു അന്നം എങ്ങനെ കഴിക്കണം അന്നം ലിങ്കാത് ബഹു അന്നം കുർവീത ധാരാളം അന്നം ഉണ്ടാക്കുക വരുന്നവർക്ക് അന്നം കൊടുക്കുക അന്നം കഴിക്കണം അന്നത്ത് നിന്ന് നല്ല അന്നം തപസ്സുകൊണ്ട് കർമ്മം കൊണ്ട് അന്നം ആ അന്നം തന്നെ ജ്ഞാനം തരും എന്നാണ് അന്നം തന്നെ ഉള്ളിൽ കടന്നിട്ട് ബലത്തിനെ ഉണ്ടാക്കി ജ്ഞാനത്തിന് കാരണമായിട്ട് തീരും അതുകൊണ്ട് അന്നം കഴിക്കുക എന്നുള്ളത് പോലും ഒരു യജ്ഞമാണ് ഭോജനം യജ്ഞമാണ് അതിന് സമയം വേണം റങ്ങണം ശരീരത്തിന് അല്ലേ ശരീരത്തിന് ഉറങ്ങണം ഊണ് കഴിക്കണം കുടുംബത്തിലുള്ള ജനങ്ങളുമായിട്ട് സൗഖ്യമായിട്ട് അല്പം കുട്ടികളുമായിട്ടൊക്കെ പെരുമാറാനൊക്കെ സമയം വേണം സാധാരണ ഗൃഹസ്ഥന്റെ കാര്യമാ പറയണത് സന്യാസികളുടെയോ ബ്രഹ്മവിദ്യ വിചാരം ചെയ്യുന്നവരുടെയോ കാര്യമല്ല സാധാരണ ഒരു ഗൃഹസ്ഥന് അവരവരുടെ മക്കളുടെ അടുത്തൊന്ന് കളിക്കാനും അതാണ് വിനോദ ചിത്തം എന്ന് പറഞ്ഞത് അച്ഛനും അമ്മയും കുട്ടികളോടൊന്ന് പെരുമാറണം ഇത് അച്ഛനെയും അമ്മയും ഞായറാഴ്ച കുട്ടി കണ്ടാ കണ്ടു കുട്ടി ഉറങ്ങി എണീക്കുന്നതിന് മുമ്പ് അവർ പോകും ഉറങ്ങിക്കഴിഞ്ഞിട്ട് വരും ഇങ്ങനെയാവുമ്പോൾ ഈ കുട്ടിക്ക് അച്ഛനേതാ അമ്മയേതാ ചോദിച്ചാൽ അറിയില്ല അങ്ങനെയാണ് വളരുന്നതെങ്കിൽ എന്ത് ബന്ധമുണ്ടാവും അപ്പൊ വിനോദയ ചിത്തം എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞതിൽ നമുക്ക് സാത്വികമായ ഒരു അർത്ഥം പറയണമെങ്കിൽ ഗൃഹസ്ഥന് വിഹാരം ആഹാരം വിഹാരം ഇതൊക്കെ ഉണ്ടല്ലോ യുക്ത ആഹാര വിഹാരസ്യ യുക്തചേഷ്ട കർമ്മസു ആ വിഹാരം വിനോദം ആ വിനോദം നമുക്ക് എപ്പോഴും സീരിയസ് ആയിട്ടിരിക്കാൻ പാടില്ല ഒരുപാട് സീരിയസ് ആയിട്ടിരുന്നാൽ വേറെ ചില കുഴപ്പങ്ങളൊക്കെ പറ്റും അതുകൊണ്ട് വിനോദയ ചിത്തം കുട്ടികളുമായിട്ടും വേറെ കുട്ടികളുമായിട്ടും ഒക്കെ രസിച്ചിരിക്കുക പക്ഷേ അതിലൊക്കെ ധർമ്മം വേണം അതിലൊക്കെ ധർമ്മത്തിൻ്റെ നിയമം അതിനൊരു വട്ടം വേണം അത് നിങ്ങൾക്ക് കിട്ടിയ ധനം കൊണ്ടായിരിക്കണം അവർക്കൊക്കെ ആദർശമായിരിക്കണം എന്നാണത് എങ്ങനെ ജീവിക്കണം എങ്ങനെ ധനം ഉണ്ടാക്കണം ഇതിനൊക്കെ ഒരിക്കലും ഒരു കുട്ടിയുടെ ഉള്ളിലെ ജീവിതത്തിന്റെ ലക്ഷ്യം പണമാണ് എന്ന് തോന്നുന്ന രീതിയിൽ ഒരു വാക്കുച്ചത് അതേസമയം ജീവിച്ച് ജോലി ചെയ്ത് പണം ഉണ്ടാക്കാൻ പറഞ്ഞു കൊടുക്കണം പണി ചെയ്ത് പണം ഉണ്ടാക്കുകയാണ് ഈ ഭാഗവത ധർമ്മം തന്നെ അതാണ് വെറുതെ പണം സമ്പാദിക്കരുതാണ് ആരുടെടുത്തെങ്കിലും ഡൊണേഷൻ വാങ്ങിച്ചിട്ടോ വെറുതെ അതേ ഇത് കാര്യങ്ങളും ഉണ്ടാക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കിട്ടുകയോ സന്തോഷമായിട്ട് വാങ്ങിക്കൂടാ സന്തോഷമായിട്ട് വാങ്ങിയിട്ട് നിജകർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്തുകൂടാ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെലവാക്കിക്കൂടുക ഭാഗവതത്തിൽ അതിൽ നിയമം വെച്ചു കുറച്ച് കണിശമാക്കുമ്പോൾ ഭാഗവതം പറഞ്ഞു വയർ നിറയ്ക്കാൻ എത്ര വേണോ അത് നിങ്ങളുടെ സ്വന്തം അതിൽ കൂടുതൽ സ്വന്തം എന്ന് യാവത് ബ്രിയേത ജഠറം താവത് സ്വത്വം ഹിദേഹിന അത് കുറച്ച് തപസ്സിലേക്ക് വരുമ്പോ അല്ലെങ്കിലോ നിങ്ങൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് എന്ന് വെച്ചതിന് ധാർമ്മികമായിട്ട് കഷ്ടപ്പെട്ടതെന്നും കൂടെ ഒരു അർത്ഥം വയ്ക്കണം ഇന്നത്തെ കാലത്തൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ജോലികൾക്കൊക്കെ പല പേരാണ് അതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ അനേകവിധ കാപട്യങ്ങൾ അതിൽ തന്നെ ഉണ്ടാവും ഗർഭം അതിൽ തന്നെ ഗർഭിതമായിട്ടിരിക്കും ഗൂഢമായിട്ട് അതിൽ തന്നെ ഉണ്ടാവും അത് കണ്ടറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു ആധ്യാത്മികമായിട്ടും മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് കർമ്മശുദ്ധി അതാണ് നിജകർമ്മോപാത്തം എന്നുള്ളത് കർമ്മശുദ്ധി നിഷ്കാമ്യ ഭാവം ഞാൻ എന്നുള്ള ഭാവമില്ലാതെ പ്രാരബ്ധത്തിനനുസരിച്ച് ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് എന്ത് കിട്ടുന്നുവോ ആ ധനം ഒന്നും ഒരു ഒരു മഹാത്മാ അദ്ദേഹം പറയും ആരോടും പോയി ഒന്നും വേണം ചോദിക്കരുത് ആരെങ്കിലും വേണോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്ന് പറയാ തന്നാൽ വാങ്ങിച്ചോളുക എന്താണെങ്കിലും ഒരു വളരെ പ്രസിദ്ധനായ ഒരു സാധു അദ്ദേഹം ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലം ഇങ്ങനെ യാത്ര ചെയ്യും പ്രഭാഷണം ചെയ്തുകൊണ്ട് പ്രഭാഷണത്തിന് ഒരു സ്ഥലത്ത് പോകുമ്പോ ധാരാളം ആളുകൾ കേൾക്കാൻ പറ്റും അദ്ദേഹത്തിന്റെ പ്രഭാഷണം ആയിരക്കണക്കിന് ആളുകൾ അപ്പൊ ആളുകൾക്കൊക്കെ ഇദ്ദേഹത്തിനോട് സ്നേഹവുമാണ് ആരോടും പണം ചോദിക്കാറുമില്ല വസ്തുക്കളൊന്നും ആവശ്യപ്പെടാറില്ല അപ്പൊ പലരും തുണി കൊണ്ടുവന്ന് കൊടുക്കും ചിലര് തിന്നാനുള്ള വസ്തുക്കള് പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും വസ്ത്രം കൊണ്ടുവന്ന് കൊടുക്കും പണം കൊണ്ടുവന്നും പല സാമഗ്രികൾ ഇതൊക്കെ ആയിട്ട് അദ്ദേഹം വണ്ടിയില് പോകും അപ്പൊ ഈ പലരും കണ്ടിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ വീടാണെങ്കിലും കാര്യമായിട്ട് അവിടെ ഒന്നും ഇല്ലാതാണ് ഇദ്ദേഹം എന്താ ചെയ്യണത് ഇതാർക്കും കൊടുക്കണതെന്ന് കണ്ടിട്ടില്ല അദ്ദേഹം എന്താന്ന് വെച്ചാൽ ഒരിടത്ത് പ്രഭാഷണം കഴിഞ്ഞ് പോകുമ്പോ ഒക്കെ വണ്ടിയിൽ ഉണ്ടാവും അത്രേ ആ സ്ഥലം കഴിഞ്ഞ് അടുത്ത ഗ്രാമത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വലിയൊരു കുഴി വെട്ടിട്ട് കിട്ടി എന്താ സ്വാമി ഇങ്ങനെ ചെയ്യുന്നത് ഇത് ആർക്കെങ്കിലും കൊടുത്തുകൂടെ ഞാൻ കൊടുക്കുകയാണെങ്കിൽ അത് ഒന്നാമത് ഒരു കർമ്മം ഇനി ഞാൻ ചെയ്യണമെന്നൊരു ഭാവം രണ്ടാമത് ഇവരൊക്കെ ഈ സ്വാമി എടുത്ത് വന്നാൽ കിട്ടുമെന്ന് വിചാരിച്ച് നാളെ എന്റെ അടുത്ത് വന്ന് ചോദിക്കും അപ്പൊ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇവരോട് ചോദിക്കേണ്ടി വരും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഇല്ല എന്ന് പറയേണ്ടി വരും ഇതൊക്കെ വലിയ വിഷമം ആരെങ്കിലും കുഴിച്ചെടുക്കുകയാണെങ്കിൽ എടുത്തോട്ടെ അത് ഇണ്ട് പാടില്ല കിട്ടിയത് അവിടെ കുഴിച്ചിട്ടു എനിക്ക് വേണ്ടത് ഞാൻ എടുത്തു ബാക്കിയുള്ളത് അവിടെ കുഴിച്ചിട്ടുണ്ടെന്നാണ് അപ്പോ ഒരേ ഒരു കാര്യത്തിൽ ജാഗ്രത വേണ്ടു അറ്റാച്ച്മെന്റ് വരാതിരിക്കുന്ന വരാതിരിക്കുന്നു ധരിച്ചാൽ പോരാ വരാതിരിക്കാം വരാതിരിക്കുകയാണെങ്കിൽ ഈ വ്യവഹാരമൊന്നും നമുക്ക് ദൂഷ്യം ചെയ്യില്ല എല്ലപസേ നിജകർമ്മോപാപ്തം വിത്തം തേന വിനോദയ ചിത്തം വിത്തത്തിൽ മനസ്സ് വെക്കരുത് എതിർച്ചയാ കിട്ടുന്ന വിത്തം കൊണ്ട് സന്തോഷപ്പെട്ടുക എന്ന് പറഞ്ഞ് ഇത് ആദ്യത്തെ വിത്തേഷണം ഇത് ആദ്യത്തെ നമ്മളെ കെട്ടുന്ന ആദ്യത്തെ ചങ്ങലയാണ് ധനത്തിനോടുള്ള മോഹം ധനം എന്ന് വെച്ചാൽ പണം സ്വർണം പണ്ടം അതുകൊണ്ട് ഒരാള് ഭഗവാനോട് പ്രാർത്ഥിച്ചു ഭഗവാനെ ലോകം മുഴുവൻ സുനാമിയോ പ്രളയമോ ഒക്കെ വന്നിട്ട് പോയിക്കോട്ടെ ഞാനും ഉണ്ടാവണം എന്റെ ഭാര്യയും ഉണ്ടാവണം ഒരു തട്ടാനും ഉണ്ടാവണം എന്നാണ് എന്താന്ന് വെച്ചാൽ ഞാൻ സുഖമായിട്ടിരിക്കണമെങ്കിൽ ഭാര്യ വേണം ഭാര്യ എന്നെ ഉപദ്രവിക്കാതിരിക്കണമെങ്കിൽ ഒരു തട്ടാൻ വേണം എന്നാണ് കൊടുക്കാൻ പണ്ടത്തിനോടുള്ള പറ്റ് സ്വർണം അപ്പൊ സ്വർണം ഇതിൽപ്പെടും കലിയുടെ ഒരു രൂപം ഇതിനോടൊക്കെയുള്ള പറ്റ് എത്രയാണ് അപ്പൊ ഇത് ആദ്യത്തെ വാസന ഇത് നമുക്ക് ഉണ്ടെങ്കിൽ പരിഗ്രഹ ദോഷം വരും മനസ്സതിൽ പോയിക്കൊണ്ടേയിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ സമാധാനം ഉണ്ടാവില്ല ആവശ്യത്തിലധികം അതിലേക്ക് മനസ്സ് പോകും ആത്മാവിലേക്ക് പോകില്ല ഭഗവാനിലേക്ക് പോകില്ല അപ്പൊ ഈ ധനത്തിനോടുള്ള ആസക്തി വിറ്റേഷണയെ നീക്കി സദ്ബുദ്ധു ഞാൻ ആരാണ് എന്ന് വിചാരം ചെയ്ത് നോക്ക വിറ്റേഷണയെ നീക്കിയാൽ തന്നെ മനസ്സ് പകുതി അടങ്ങും നമ്മളുടെ പ്രവൃത്തി വളരെ ചുരുങ്ങും ഒന്ന് ചെയ്തു നോക്കൂ ജീവിക്കാൻ പണമുണ്ടെങ്കിൽ മതി എന്ന് തീരുമാനിക്കുന്നവൻ ബുദ്ധിശാലി അങ്ങനെ ചെയ്താൽ നമ്മൾക്ക് ധാരാളം സമയം നമ്മളുടെ മുമ്പിൽ ഉണ്ടാവും ഇപ്പൊ ആളുകൾ പറയണത് സമയമില്ല സമയമില്ല എന്നാണ് നമ്മളും അവരോട് പറയണത് സമയമില്ല എന്നാണ് സമയമില്ല എവിടെ സമയമുണ്ട് പാമ്പിന്റെ വായിലാണ് ഇരിക്കുന്നത് അത് മൂടേണ്ട ഒരു താമസമേ ഉള്ളൂ അടക്കേണ്ട താമസമേ ഉള്ളൂ അടച്ചാൽ ഉള്ളിൽ പോയി അവിടെ നിന്നിട്ടാണോ ഈയാമ്പാറ്റയെ പിടിച്ചാണോ നിക്കാം സമയമില്ല നമുക്ക് സമയം ഈ ബ്രഹ്മവിചാരത്തിന് ഭഗവത് വിചാരത്തിന് ആത്മധ്യാനത്തിന് സമയമില്ല എന്ന് പറയാൻ കാരണം എന്താ നമ്മളുടെ സമയം മുഴുവൻ പണം സമ്പാദിക്കുന്നതിന് പോകുന്നു ആൻഡ് ഈവൻ ദേ കൺസിഡർ ഇറ്റ് ആസ് എ ഗുഡ് എക്സ്ക്യൂസ് സത്സംഗത്തിലേക്ക് ഞങ്ങൾക്ക് എന്താ ചെയ്യ ഓഫീസിൽ വരുമ്പോഴേക്ക് എട്ടര മണിയാവും പിന്നെ ഒന്നും സമയം അവര് വിചാരിക്ക കേൾക്കുന്ന ആളുകൾക്ക് നമുക്കും സാധാരണ അക്സെപ്റ്റഡ് നോംസ് അനുസരിച്ച് എന്താണ് പാവം സമയമില്ല പക്ഷേ ഇതാ ഇതിനാണോ നമ്മൾ ജീവിക്കുന്നത് ജോലി ചെയ്യേണ്ടന്നല്ല നമുക്ക് ജോലി ചെയ്യാനൊരു സമയം തന്നെ പക്ഷിമൃഗാദികൾ പോലും ഇങ്ങനെയൊന്നും ചെയ്യണല്ലേ വൈകുന്നേരവും നാലര അഞ്ചു മണി കഴിഞ്ഞാൽ മതിയാക്കിയിട്ട് എത്ര കിട്ടുമോ അത്ര കിട്ടിയാൽ മതി എന്ന് വെക്കാൻ ജനങ്ങൾ തയ്യാറാണെങ്കിൽ നിയമവും മാറുന്നു ജനങ്ങൾ തയ്യാറല്ലാതെ വേതാളം പോലെ ഓടി അവരെ പിഴിഞ്ഞെടുക്കാനുള്ള ആളുകൾ ഉണ്ടായത് എന്താ ഒരു കുട്ടികൾക്ക് മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ ശമ്പളം തരാമെന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറ്റിയിട്ട് രാവിലെ എട്ട് മണിക്ക് പോയാൽ രാത്രി പന്ത്രണ്ട് മണിക്ക് വിടും പെൺകുട്ടികളെ ഈ നിയമം ആരുണ്ടാക്കി എന്നിട്ട് വലിയ കാര്യമായിട്ട് പറയും ഞങ്ങളുടെ മക്കള് ഇതൊന്നും ക്രിറ്റിസിസമല്ല നമ്മൾ വിദ്ധികളാവുകയാണ് നമ്മൾ വിഡ്ഢികളാവാണ് ഇത്രയും പണം കൊണ്ട് എന്ത് ചെയ്യും ആ കുട്ടിക്ക് കല്യാണം കഴിക്കേണ്ട സമയമാവുമ്പോഴേക്കും അനേകവിധ വ്യാധികൾ എന്താണെന്ന് വെച്ചാൽ ഉറക്കല്ലേ രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല ഈയിടെ കഴിഞ്ഞയാഴ്ച ഒരാൾ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു സ്വാമി രാത്രി പത്തര മണിയാവും ഞാൻ വീട്ടിൽ വരാൻ ഗുളിക കഴിച്ചിട്ടില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല ഓഫീസിലുള്ള സ്ട്രെസ് രാവിലെ എട്ട എട്ടേ കാലാവുമ്പോഴേക്കും പുറപ്പെടണം എന്തിനാ ജീവിക്കുന്നത് എന്തു പ്രയോജനം ഇത് എല്ലാരെ ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കാൻ പറ്റും കേൾക്കാൻ പറ്റുന്നവർ കേൾക്കട്ടെ അല്ലാത്തവരെ അനുഭവിച്ചോട്ടെ കുറച്ച് ധീരാണാമേവ കരതല കഥാ മുക്തിഹീനം അല്പം ധൈര്യമുണ്ടെങ്കിൽ എന്തും തീരുമാനിക്കാം നിങ്ങൾക്ക് പണം പണം വരാനുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാരബ്ധമനുസരിച്ച് ഇത്ര പണം നിങ്ങൾക്ക് വരാനുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട് വരും പക്ഷെ അതിന് നമ്മൾ അടിമയായി നമ്മളുടെ സമയം മുഴുവൻ ഭഗവാനുള്ള സമയം മുഴുവൻ അതിന്റെ വായിലേക്ക് ഇട്ടുകൊടുത്താൽ നമുക്ക് പിന്നീട് സമയം ഉണ്ടാവില്ല ഒരു റിട്ടയർമെന്റ് ആവുന്ന വയസ്സാകുമ്പോഴേക്കും ഒന്നാമത് നമ്മളുടെ ബ്രെയിൻ ഹാബിറ്റുവേറ്റഡ് ആകും ഇതിന് അതുകൊണ്ടാണ് റിട്ടയറായാലും പണിയെടുക്കാതിരിക്കാൻ വയ്യ എന്നൊരു സ്ഥിതി വരണത് എന്താന്ന് വെച്ചാൽ ഇത്ര കാലം ആ ട്രാക്കിൽ പോയി ഇനിയിപ്പോ ബ്രെയിൻ അതിലൊരു സെറ്റ് പാറ്റേൺ ഉണ്ടായിക്കഴിഞ്ഞു ആ വഴി അല്ലാതെ വരില്ല പിന്നെ എന്തോ കുറച്ച് ഭജന നാമസങ്കീർത്തനം അതായത് എന്തെങ്കിലുമൊക്കെ ചെയ്താലും ഒന്നും കാര്യമായിട്ടൊന്നും പിടിപെടില്ല ഇനിയും ബുദ്ധി ഇതിലേ ഇതിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തസ്മാ്രത ജാഗ്രത മാതാ നാസ്തി പിതാ നാസ്തി നാസ്തി ബന്ധു സഹോദര അർത്ഥം നാസ്തി ഗൃഹം നാസ്തി തസ്മാ്രത ജാഗ്രത ആചാര്യസ്വാമി പറയണു ഇതൊക്കെ ഉള്ള പോലെ തോന്നും കുഞ്ഞേ ഇതൊക്കെ അവര് പറയാൻ കാരണം എന്താ അപാര കാരുണ്യം കൊണ്ട് നമ്മളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണോ അവർക്ക് എന്തുവേണം നമ്മളെ എന്റർടൈൻ ചെയ്തിട്ടത് അപാര കരുണ കൊണ്ട് ഒരു ശ്ലോകം ഇങ്ങനെ എഴുതി വെച്ചു കുഞ്ഞെ അമ്മയെ ഉള്ള പോലെ തോന്നും പക്ഷെ വാസ്തവത്തിൽ ഇല്ലാട്ടോ എപ്പോ വേണമെങ്കിൽ പോവാം അച്ഛൻ ഉള്ള പോലെ തോന്നും ധനം ഉള്ള പോലെ തോന്നും ഇതൊന്നും തന്റെ ആന്തരികമായ സ്ഥിതിക്ക് ഉപയോഗപ്പെടില്ല ജാഗ്രത ബുദ്ധിയുള്ളവനായിട്ട് അലേർട്ടായിട്ട് ഇരുന്നുള്ള വിജിലൻഡ് വി അധ്യാത്മികം എന്ന് പറഞ്ഞാൽ പോലും നാലുപേര് വന്ന് നമ്മളൊരു ഓർഗനൈസേഷൻ തുടങ്ങിയാൽ കഴിഞ്ഞു പിന്നെ എനിക്കിത് ധൈര്യമായിട്ട് ഇങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പൊ ഞാൻ ധൈര്യമായി പറയണതെന്താ എനിക്കൊരു മഠമോ ഓർഗനൈസേഷനോ ഒന്നുമില്ലാത്തത് കൊണ്ട് എന്ത് വേണമെങ്കിൽ വിളിച്ചു പറയാം ഇത് ഉണ്ടെങ്കിൽ ഞാൻ പറയും കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂർ പ്രഭാഷണം കഴിഞ്ഞാൽ അനൗൺസ്മെന്റ് ഒക്കെ വരും പിന്നെ എന്താ കാര്യം നടക്കണമല്ലോ എന്ത് ഞാൻ കാര്യം നടക്കണമെങ്കിൽ ഇത് എന്തെങ്കിലുമൊക്കെ പറയണം ധൈര്യമായിട്ട് അല്ലെങ്കിൽ നമുക്ക് പറയാമെങ്കിൽ എന്താ ആശ്രയം അതിലാണെങ്കിൽ നമുക്ക് ധൈര്യ ചുരു വന്നു എന്നാണ് ഈ ആഗ്രഹമാകുന്ന പുഴ ധൈര്യമാവുന്ന വൃക്ഷത്തിനെ വേരോടെ പിഴുത്തെടുത്ത് കട പുഴയ്ക്ക് ചുവട്ടത് ആദ്യം തന്നെ ബുദ്ധിയോടുകൂടെ ഉറപ്പിച്ചോളാം എനിക്ക് ജീവിക്കണം നിങ്ങളോട് വേറെ ഒന്നുമല്ല സത്സംഗമോ അതൊക്കെ ഇരിക്കട്ടെ ജീവിക്കണം ആദ്യത്തെ പടി അതാവട്ടെ എനിക്ക് ഉണ്ണാൻ സമയം വേണം ഉറങ്ങാൻ സമയം വേണം കുട്ടികളിലോടുകൂടെയും പേരക്കുട്ടികളോടുകൂടെയും ഒന്ന് വർത്തമാനം പറയാണെങ്കിൽ സമയം വേണം എന്ന് കണ്ടെത്തി ആദ്യത്തെ പടി അങ്ങനെ പറഞ്ഞാൽ അതിന് സമയം വേണമെങ്കിൽ ഒരുപാട് ഓടി നടന്ന് വിഷമിക്കരുത് അതിന് ഈ വിത്തേഷണയെ മാറ്റിയ രണ്ടാമത് കുറച്ച് കഴിയുമ്പോ ഇവരുടെ കൂടെ ഒക്കെ നമ്മൾ കാണും ഇതൊന്നും ശാശ്വതമല്ല എന്ന് കാണും രണ്ടാമത്തെ കാണും നമ്മൾ പതുക്കെ പതുക്കെ അപ്പൊ ശാശ്വതമായ വസ്തുവെന്താ സമയമുണ്ടല്ലോ സമയമുള്ളപ്പോ എന്ത് ചെയ്യും കുട്ടികളോട് സംസാരിക്കണം നമുക്കുണ്ട് പക്ഷെ കുട്ടികൾക്കോ പാർത്താം കോപിന ഗെ ഇനി പറയാൻ പോണു ഒരാളും ചോദിക്കില്ലേ മുത്തശ്ശ ഉണ്ടോ ഇല്ലയോന്ന് ചോദിക്കം രാവിലെ എണീറ്റ് മുത്തശ്ശനെ പത്രം വായിച്ചു കൊടുക്കുക പേരക്കുട്ടിയുടെ ജോലി കുട്ടി കുറച്ച് വലുതായപ്പോ മുത്തശ്ശനോട് പറഞ്ഞ് എനിക്കിപ്പോ സമയമില്ല വേറെയാളെ നോക്കിക്കൊള്ളണം മുത്തശ്ശന്റെ ഒരു കാര്യത്തിലും ശ്രദ്ധയില്ലാതെ ആയി പോകുമ്പോൾ മുത്തശ്ശന് വൈരാഗ്യം പതുക്കെ പതുക്കെ ഓ അപ്പൊ ഇതിനെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല അപ്പൊ എന്തിനെ വിശ്വസിക്കണം അത് ശരീരത്തിനെ വിശ്വസിക്കാമോ വിശ്വസിക്കാൻ വയ്യ ശരീരേ ജർജരീഭൂതേ വ്യാധിഗ്രസ്തേ അപ്പൊ എങ്ങനെ വിശ്വസിക്കും ഒന്നും വിശ്വസിക്കാൻ വയ്യ ഔഷധം ഔഷധത്തിനെയും വിശ്വസിക്കാൻ വയ്യ ഒക്കെ വില കൂട്ടാൻ പോവുകയാണ് അത്രേ വാഹനവീത്തോയം വൈദ്യനോ വൈദ്യനെയും വിശ്വസിക്കാൻ വയ്യ വൈദ്യോ നാരായണോ ഹരിഹീനോ ആ വൈദ്യനല്ലാതെ നമ്മളുടെ അറിയാൻ ഒരു വൈദ്യൻ ഇല്ലാത്തതുകൊണ്ട് ഉള്ളിലെ ശാശ്വത വസ്തുവായിട്ട് നമുക്കൊക്കെ ഒരേ ഗതിയായിട്ടുള്ള ഭഗവാന്റെ കാല് പിടിച്ചോളാം ഭഗവാന്റെ പാദം പിടിച്ചോളാം അപ്പോ ലോകത്തിലുള്ള വിട്ടുപോകും സദ്വസ്തു നമ്മളുടെ ഉള്ളിൽ പ്രകാശിക്കും ദേഹം ലോകത്തിലുള്ള വസ്തുക്കൾ ഇതൊക്കെ ജഡമാണ് അശാശ്വതമാണ് ശാശ്വതമായിട്ടുള്ളത് ആത്മാവ് ഒന്നു ആത്മാവിനെ എങ്ങനെ അറിയും ആത്മാവിനെ എവിടെ കണ്ടെത്തും നമ്മളിൽ തന്നെ കണ്ടെത്തണം എന്നിൽ തന്നെ ഞാൻ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നിലെവിടെ എന്റെ ഹൃദയത്തിൽ തന്നെ സകല അനുഭവങ്ങൾക്കും സാക്ഷിയായിട്ട് മൂലമായിട്ട് അധിഷ്ഠാനമായിട്ട് എന്നിൽ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതിനെന്ത് വേണം ഭഗവാനെ ഭജിച്ച് ഭജിച്ച് ഭജിച്ച് അവസാനം ഈ ഭജിക്കുന്നവൻ ഇല്ലാതായിട്ട് തീരും സാധന ചെയ്ത് ചെയ്ത് അവസാനം സാധനയും ഇല്ലാതായിട്ട് തീരും സാധകനും ഇല്ലാതായിട്ട് തീരും സാധ്യം മാത്രം പ്രകാശിക്കുന്നു സാധകനുമില്ല സാധനയുമില്ല റബ്ബർ കൊണ്ട് മാച്ചു മാച്ചു മാച്ച അവസാനം എന്താവും റബ്ബർ തേഞ്ഞു പോവും അല്ലെ മായ്ക്കുന്നത് മാത്രമല്ല റബ്ബറ് തേഞ്ഞു പോവും അതുപോലെ സാധന ചെയ്ത് ചെയ്ത് ചെയ്ത് മനസ്സ് ശുദ്ധമാവുന്നതോടൊപ്പം സാധകനും സാധന ചെയ്യുന്ന ആളവിടെ ഇല്ലാതായാൽ സാധ്യമായിട്ടുള്ള ഏകവും അദ്വൈവുമായിട്ടുള്ള വസ്തു അനന്തമായിട്ടുള്ള ആ ഈശ്വരസ്വരൂപം ഭഗവത് സ്വരൂപം ഗോവിന്ദസ്വരൂപം ഹൃദയത്തിൽ പ്രകാശിക്കും ഗോവിന്ദനെ ശരണം പ്രാപിക്കും ഗോവിന്ദനെ ഗോവിന്ദം ഭജമൂഢമത്തെ ഗോപി വേദവാക്യേഹി മഹാവാക്യേഹി വിന്ദതേ ഇത് ഗോവിന്ദ ആചാര്യസ്വാമികൾ തന്നെ അർത്ഥം പറഞ്ഞു മഹാവാക്യങ്ങളുടെ ഒക്കെ പൊരുളായിട്ട് വസ്തു ഉണ്ടോ പ്രജ്ഞാനം ബ്രഹ്മ ഉപനിഷത്ത് പറഞ്ഞു ബ്രഹ്മത്തിന്റെ ലക്ഷണം എന്താ പ്രജ്ഞാനമാണ് ചൈതന്യമാണ് ബ്രഹ്മം ഘനീഭൂതമായ പ്രജ്ഞയാണ് ബ്രഹ്മം അതിൽ രണ്ടില്ല എന്നുള്ള അനുഭവത്തോടെയുള്ള അറിവാണ് ബ്രഹ്മം ആ ബ്രഹ്മത്തിനെ എവിടെ തരയും എന്ന് ചോദിച്ചപ്പോഴാണ് രണ്ടാമത്തെ മഹാവാക്യം അഹം ബ്രഹ്മാസ്മി എന്ന് വെച്ചാലോ അഹം അഹം അഹം ബ്രഹ്മാസ്മി എന്ന് വെച്ചാൽ ഞാൻ ബ്രഹ്മം എന്നല്ല അർത്ഥം അഹം അഹം എന്നുള്ള അനുഭവത്തിൽ ആ ബ്രഹ്മം ആ പ്രജ്ഞാനത്തിനെ അഹം എന്നുള്ള അനുഭവമണ്ഡലത്തിൽ തരെയണം നമുക്ക് അനുഭൂതിയുള്ളത് ഒരറ്റ സ്ഥലത്ത് മാത്രമാണ് ഞാൻ ഉണ്ട് ഞാനുണ്ട് എന്നുള്ള സ്ഥലത്ത് കേന്ദ്രം ഹൃദയം അതാണ് ശരീരത്തിൽ അനുഭവമില്ല മുമ്പിൽ കാണുന്ന വസ്തുക്കളിലൊന്നും അനുഭവമില്ല അനുഭവമുള്ളത് ഞാൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ മാത്രം യാതൊരു സംശയവുമില്ല ആ വസ്തുവിനെ എന്നിൽ കണ്ടെത്തിയ ഞാൻ എന്താണ് ഞാൻ ആരാണ് ഞാൻ ഞാൻ എന്ന് പറയണമല്ലോ അതിന്റെ സ്വരൂപം എന്താണ് എന്നിങ്ങനെ അന്വേഷിച്ചേ നമ്മളുടെ ബുദ്ധി തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞ് ആരാഞ്ഞു നോക്കുകയാണെങ്കിൽ അവിടെ അഹങ്കാരമല്ല ഇപ്പൊ നമുക്ക് അഹങ്കാരമായിട്ട് തോന്നുന്ന ആ സ്ഥാനത്ത് തന്നെ ശുദ്ധമായ പ്രജ്ഞ ശിവം ചിദാകാശം അവിടെ തെളിയും ഇപ്പൊ ജീവനായിട്ട് തോന്നുന്ന സ്ഥാനത്ത് ജീവൻ പോയിട്ട് ശിവൻ പ്രകാശിക്കും അങ്ങനെ നമ്മളുടെ ഉള്ളിൽ കാണുമ്പോ ത്വ മയി സർവത്ര ഏകോ വിഷ്ണുഹൂന്നാണ് എല്ലാവരിലും പജഗോവിന്ദത്തിലെ തന്നെ ആദ്യത്തെ പന്ത്രണ്ട് ശ്ലോകം ആചാര്യസ്വാമികൾ പിന്നീടുള്ള പതിനാല് ശ്ലോകം ഓരോ ശിഷ്യന്മാരും ചൊല്ലിയത്ര അതാണ് ചതുർദശ മഞ്ചരിക്ക സർപ്പടിക സ്ത്രോത്രം ഇത് ദ്വാദശ ആ പതിനാല് ശ്ലോകങ്ങളിൽ വരുന്നു ത്വമയി സർവത്ര ഏകോ വിഷ്ണുഹൂന്നാണ് ഒരു പക്ഷെ ഒരു ശിഷ്യനോട് വേറൊരു ശിഷ്യൻ കോപിച്ചിട്ടുണ്ടാവുമായിരിക്കും ആര് കണ്ടു ഒരു ശിഷ്യൻ ഇങ്ങനെയൊരു ശിഷ്യനെ നോക്കി പറയുന്ന പോലെയാണ് വ്യർത്ഥം കുപ്യസി മയ്യ അസഹിഷ്ണു ഞാനിങ്ങനെ അടുത്തിരിക്കും എന്തിനാ കോപിക്കുന്നത് വ്യർത്ഥം കുപ്യസി എന്നോട് ഒരു കാരണവില്ലാതെ വെറുതെ കോപിക്കുന്നു സഹിക്കാതെ അസഹിഷ്ണുവും നമ്മളിലൊക്കെ ഒരേ വിഷ്ണുവല്ലേ ഉള്ളത് ഒരേ വിഷ്ണുവല്ലേ തന്നിലുമുണ്ട് എന്നിലുമുണ്ട് സകല പദാർത്ഥങ്ങളിലുമുണ്ട് ആ വിഷ്ണുവാണ് ഹൃദയസ്ഥാനത്തില് ഹൃദയഗുഹയില് ഹൃദയഗുഹയുടെ അന്തർഭാഗത്തില് ജീവനായിട്ട് തോന്നണതേ ഗുഹയില് ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്ന അനുഭവ സ്വരൂപമായിട്ട് വിഷ്ണു തന്നെയാണ് പ്രകാശിക്കണത് അപ്പൊ വിഷ്ണുവിനെ എവിടെ കണ്ടെത്തും ജലേ വിഷ്ണുഹു സ്ഥലേ വിഷ്ണുഹു വിഷ്ണുരാകാശമിച്ചത് സ്ഥാവരം ജംഗമം വിഷ്ണുഹു എന്ന് പറയണമെങ്കിൽ കാണുന്നവനിൽ കണ്ടെത്തണം ണുന്ന തന്നിൽ അന്വേഷിച്ചു നോക്കിയാൽ തന്നിൽ ഉള്ള പ്രജ്ഞ തന്റെ അന്തരാത്മാവ് തന്റെ അസ്തിത്വം തന്നെ വിഷ്ണു അത് തന്നെ ഈശ്വരസ്വരൂപം ചിദാനന്ദരൂപം നിജബോധരൂപം ആ നിജബോധരൂപം തന്നെ വിഷ്ണുവായി പ്രകാശിച്ചാൽ സർവത്ര വിഷ്ണു അപ്പൊ ഗോവിന്ദ ഭജനം പൂർത്തിയായി ഗോവിന്ദനെ ഭജിച്ച് അവസാനം സത്യം ധ്യാനമനന്തം നിത്യം അനാകാശം പരമാകാശം ഗോഷ്ടപ്രാങ്കണരിങ്കണലോലമസം പരമായാസം മായാകൽപ്പിത നാനാകാരം അനാകാരം ഭുവനാകാരം അനേക നാമരൂപങ്ങളിലിരിക്കുന്നത് ഗോവിന്ദനാണ് ഈ പ്രപഞ്ചമായിട്ട് നിൽക്കുന്നത് ഭുവനാകാരം സത്യം ജ്ഞാനമനന്തം എവിടെ സത്യം അനന്ത ഗുഹ്യോ നിഹിതം ഗുഹയമാവുന്ന ഗുഹയില് നിഹിതം എന്ന് വെച്ചാൽ ഒളിഞ്ഞുകടക്കുക ഹൃദയകുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹി അഹമഹമിതി സാക്ഷാത് ആത്മരൂപേണ ഭാതി ഹൃദയമാവുന്ന കുഹരത്തിനകത്ത് ബ്രഹ്മം തന്നെ ഞാൻ ഞാൻ ഞാൻ എന്ന് പ്രകാശിക്കുന്നു അവിടെ കണ്ടെത്തണം ഗോവിന്ദനെ ഗോവിന്ദനെ ഹൃദയഗുഹയിൽ കണ്ടെത്തിയാൽ ആ ഗോവിന്ദൻ തന്നെ നമ്മളുടെ പ്രപഞ്ചഭാരമൊക്കെ വഹിക്കും ഭാഗവതത്തിൽ ഗോവിന്ദ പട്ടാഭിഷേകം എവിടെയാ ഗോവർദ്ധനഗിരിയെ പൊന്തിച്ചപ്പോഴാണ് അല്ലെ അതേപോലെ ഹൃദയത്തിൽ ആ ഗോവിന്ദനെ കണ്ടെത്തി ശരണം പ്രാപിച്ചാൽ നമ്മളുടെ സംസാരഭാരം പ്രാരബ്ധ കർമ്മം ഗോവർദ്ധന പർവ്വതം പോലെ ഉള്ളതിനെ മുഴുവൻ ഭഗവാൻ പൊക്കി പിടിച്ചു നമുക്ക് സ്വസ്ഥമായിട്ട് അവിടെ അടങ്ങിയിരിക്കാം ആ ഗുഹയുടെ ഉള്ളിൽ പോയി ഇരിക്കുന്ന പോലെ ആ മലയുടെ ചോട്ടിൽ പോയി ഇരിക്കുന്ന പോലെ ഹൃദയഗുഹയിൽ അടങ്ങിയ അപ്പോ ഗോവിന്ദം ഭജമൂഢമതേന്ന് നമ്മളൊക്കെ ജനിച്ചിരിക്കുന്നത് ഇവിടെ പണം സമ്പാദിക്കാനുമല്ല സ്ഥാനമാനങ്ങൾ സമ്പാദിക്കാനുമല്ല ഇവിടെ ഒരു കാര്യം ചെയ്യാനുമല്ല നമ്മളൊക്കെ ജനിച്ചിരിക്കുന്നതിന് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ ശാശ്വതമായ ശാന്തി സുഖം ആനന്ദം അനുഭവിക്കാൻ ആനന്ദാഖൽ വിമാനി ഭൂതാ നിജായ ആനന്ദേന ജാത നി ജീവന്തി ആനന്ദം പ്രയന്ത് അഭിസംവിശന്തീ ശൈഷാഭാ ആർഗവീ വിദ്യ ഭാർഗവീ വാരുണി വിദ്യ എന്താണ് ആനന്ദത്തിൽ നിന്ന് സകല പ്രാണികളും ആനന്ദത്തിൽ നിൽക്കുന്നു ആനന്ദത്തിൽ ലയിക്കുന്നു ജീവിതത്തിന്റെ പ്രയോജനവും ആ ആനന്ദം എവിടെ ആത്മാവിനെ ആശ്രയിച്ചാലേ കിട്ടുകയുള്ളൂ അതാണ് മൂഢജഹി ഹി മൂഢ എന്ന് വിളിക്കാൻ കാരണം പുറമേക്ക് പോകുന്നവനാണ് മൂഢൻ ഒന്നില് മഹാമൂഢനായിട്ടിരിക്കണം അല്ലെങ്കിൽ ജ്ഞാനിയായിട്ടിരിക്കണം വേണ്ടത് നടുവിലായ കഷ്ടമാണ് അവരെയാണ് അവിടെ ആചാര്യസ്വാമി മൂഢൻ വിളിച്ചത് ഭാഗവതത്തിലെ ഇതുരൻ വേറിടത്ത് പറഞ്ഞു അത്യധികം മൂഢനാണെങ്കിലും അവനും സുഖമായിട്ടിരിക്കും എത്ര ബുദ്ധിയെ കടന്നുപോയവനും സുഖമായിട്ടിരിക്കും അത്യധികം മൂഢൻ അവിടെ ഉദ്ദേശിച്ചത് സുഷുപ്തി അവസ്ഥയാണ് സുഷുപ്തി അവസ്ഥയിൽ മൂഢനായിരിക്കും ഒരു സുഖമുണ്ട് ബുദ്ധേഹ പരംഗത ബുദ്ധിക്ക് അപ്പുറം പോയി ഞാൻ എന്നുള്ള ശുദ്ധമായ പ്രജ്ഞയിൽ ബോധത്തില് ദൃഢപ്രതിഷ്ഠിതനായാൽ സുഖമുണ്ട് ഇതിന് രണ്ടിരുന്നടുവിലുള്ളവരുടെ കാര്യമൊക്കെ കഷ്ടം ഇല്ലത്തുനിന്ന് വിട്ടു അമ്മാ തൊട്ട് എത്തിയ എന്നുള്ള മത്സരം അപ്പോ ഗോവിന്ദം ഭജമൂഢമത്തെ ഗോവിന്ദനെ ഭജിക്കുക ഭഗവാനെ കണ്ടെത്തുക ഭഗവത് സാക്ഷാത്കാരത്തിനെ ശ്രമിക്കുക നമ്മളുടെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ് ഈശ്വര സാക്ഷാത്കാരം എങ്ങനെ നേടും ഭജിക്കുന്നത് കൊണ്ട് നേടും ഭജിക്കാൻ എന്തൊക്കെ വയ്യുണ്ട് ജപം ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഒരു നാമമെടുത്ത് ഒരു മന്ത്രം സ്വീകരിച്ച് ജപം ചെയ്യ ശിവനാമോ വിഷ്ണുനാമമോ കൃഷ്ണനാമമോ ദേവിയുടെ നാമമോ അവരവരുടെ ഇഷ്ടം ഏതൊരു ഭാവത്തിലുണ്ടോ ആ ഭാവത്തിലൊരു നാമം ദിവസവും ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഒരു മണിക്കൂർ നേരമോ രണ്ടു മണിക്കൂർ നേരമോ ഒരു ദിവസം പോലും മുടക്കാതെ സതു ദീർഘകാല നൈരന്തര്യ സത്കാര ആദര ആസേവിതോ ദൃഢഭൂമിഹീന ദീർഘകാലം വിചിത്തിയില്ലാതെ നിരന്തരം ജപം ചെയ്ത് ജപം ചെയ്ത് കഴിയുമ്പോ മനസ്സ് സമാധി സുഖം അനുഭവിക്കും വാസനാക്ഷയം ഉണ്ടായി മനസ്സ് പതുക്കെ പതുക്കെ ജപത്തിന്റെ ആകാരം പൂണ്ട് ആ ഒരേ ഒരു ശബ്ദം മാത്രമായി ഭഗവാന്റെ നാമം മാത്രമായി നിന്ന് ക്രമേണ ആ നാമവും മറയുന്ന സ്ഥാനത്ത് മുക്താശ്രയം എറി നിർവിഷയം വിരക്തം നിർവാണമൃചതി മനഹാ ത്മാനമത്ര പുരുഷോ അവ്യവധാനമേകമന്വക്ഷത്തെ പ്രതിനിവൃത്ത ഗുണപ്രവാഹാണ് ആ വസ്തു മറിഞ്ഞാൽ ആശ്രയം വിട്ട വസ്തു നിർവാണമൃക്ഷതി മനഹ മനസ്സ് കർപ്പൂരം പോലെ കത്തിയില്ലാതാവുമ്പോ ആത്മാവ് ഒരു തടസ്സമില്ലാതെ ആ സ്ഥാനത്ത് പ്രകാശിക്കും ആത്മഭാനമുണ്ടാവും ആ ആത്മാവിനെ കണ്ടെത്തലാണ് ഗോവിന്ദ സാക്ഷാത്കാരം ഗോവിന്ദനെ ഭഗവാനെ കാണുക കൃഷ്ണനെ കാണാം കൃഷ്ണൻ ആത്മസ്വരൂപിയാണ് കൃഷ്ണമേണമേഹിത്വം ആത്മാനമിലാത്മനം ഭാഗവതത്തിലെ ശ്രീ ശുഖബ്രഹ്മഹർഷി പറയുന്നു സകല പേരുടും സകലപേരുടെയും ഹൃദയത്തിലുള്ള ആത്മാവാണ് ഈ അതുകൊണ്ടാണ് അവസാനം പരീക്ഷത്തിന് ഹൃദയത്തിലുള്ള കൃഷ്ണനെ കാണിച്ചു കൊടുത്തു ശുഖബ്രഹ്മ പതുക്കെ പതുക്കെ പക്വപ്പെടുത്തി ആത്മാവാകുന്ന കൃഷ്ണനെ സാക്ഷാത്കരിപ്പിച്ചു പരീക്ഷിച്ച് അവിടെ കണ്ടെത്തിയാൽ ഗോവിന്ദനെ നമുക്ക് മൗഢ്യമൊക്കെ അകന്നു പോകും അപ്പൊ നമ്മളീ മൂഢമതയൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ മൗഢ്യം അകന്നുപോയി നിത്യനിരന്തരമായ ശാന്തി ആ ശാന്തി നമുക്ക് നഷ്ടപ്പെട്ടു പോവാത്ത ശാന്തി സിദ്ധമായാൽ സംപ്രാപ്തി സന്നിഹിത സന്നിഹിതയെ കാലയെ പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ യമനെ കാണില്ല പിന്നെ യമനെ കാണില്ല ബ്രഹ്മദർശനത്തോടുകൂടെ ശരീരം ഉപേക്ഷിക്കുന്നുണ്ട് ശരീരം ഉപേക്ഷിക്കുമ്പോൾ